പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷത്തിൽ എങ്ങനെയാണോ ഇതിന്റെ സമന്വയം വരുന്നതെന്നുള്ളതിനാണ് അടുത്ത് പറയുന്ന പക്ഷേച വേദനിഷ്ഠ പ്രമാണജ്ഞാന അഭാവത്വ അനധികരണത്വം വേദം വൃത്യസ് അനാഥനിഷ്ഠ അനധികരണത്വേന സംഭവം ഇപ്പം വളച്ച് പറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ നമ്മൾ ചർച്ചയിൽ കൂടിയ കാര്യങ്ങളൊന്നുമില്ല പറഞ്ഞത് പക്ഷത്തിൽ ദൃഷ്ടാന്തത്തിൽ സമന്വയിക്കുന്ന പറഞ്ഞിട്ട് പക്ഷത്തിൽ അങ്ങനെയല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ് പക്ഷെ അല്പം വളവ് കൂടിപ്പോയി പക്ഷേ ഏതനിഷ്ടപ്രമാണജ്ഞാനാഭാവത്വം പക്ഷത്തിൽ എന്ത് വരുന്നു പറഞ്ഞ ദേവദത്ത് പ്രമാണജ്ഞാനം അതാണ് പക്ഷം ആ ഏത പ്രമാണ ജ്ഞാന അഭാവത്വം എന്നുവെച്ചേവനിഷ്ഠമായ പ്രമയുടെ അഭാവത്വ അനധികരണമെന്ന് പറഞ്ഞപ്പോ അഭാവത്വ അധികരണത്തിൽ അഭാവത്വ അധികരണ അഭാവം തന്നെ അനധികരണം എന്ന് പറയുമ്പോൾ എന്തുമാകാം അനധികരണമായിട്ട് ഏത് വസ്തുവിനെയും എടുക്കാം ഇടപെടാദികളെ വേണമെങ്കിലും എടുക്കാം ഭാവത്വം അനധികരണത്വം വരുന്നു അനധികരണം ഏതോ അതിലുണ്ട എന്തേലും ഭാവത്വ അനധികരണത്വം ഇവിടെ അത് വാസ്തവത്തിൽ വരേണ്ടവിടെ പക്ഷത്തിന്റെ കാര്യം പറയാണ് ഏ ഭരൂപ അജ്ഞാന അതാണ് പ്രമാണജ്ഞാനാഭാവത്വം എന്ന് പറഞ്ഞാൽ പ്രമാഭാവം അഭാവത്വ അധികരണം പ്രമേഹം അനധികരണം എവിടെ വന്നു അനധികരണത്വം അതാണ് അഭാവത്വ അനധികരണത്വം എന്ന് പറയുന്നത് ഭാവരൂപാജ്ഞാനത്തിൽ വരും അതെങ്ങനെയാണ് ഏതർത്തിയ അനാദേഹേ അത് വരുന്ന എവിടെ ഏതർത്തിയം എന്ന് പറഞ്ഞാൽ ആ ദേവത്വത്തിനിരിക്കുന്ന പ്രമകൊണ്ട് നിവർത്തിയമായത് വരണം അനാഥികരണത്വം ഏതെന്നിവർത്തിയം എന്ന് പറഞ്ഞാൽ ദവതത്വ പ്രമാനിവർത്യം അത് പിന്നെ എന്തായിരിക്കണം അനാദേഹി അനാദേഹ അനാദി എന്നുമായിരിക്കണം അപ്പോ അനാദിയിൽ വരണം അപ്പോ അത് വരണമെങ്കിൽ എന്ത് വേണം അവിടെ ഈ പ്രമാനിവർത്തിയം വരണമെങ്കിൽ ഇത് രണ്ടു ഒരിടത്ത് തന്നെ വരണം ിൽ തന്നെ പ്രമേയും വരണം നിവർത്തിവും വരണം ആ നിവർത്തിയത്തിലാണ് അഭാവത്വ അനധികരണത്വം വന്ന് എന്നുവെച്ചാൽ നിവർത്തിയും ഭാവമാണെന്ന് നടത്തും നിവൃത്തിയുമായിരിക്കുന്ന അജ്ഞാനം ഭാവമായത് കൊണ്ടാണ് അതിലെന്തു വന്നത് അഭാവത്വ അനധികരണത്വം വന്ന് അ നിവർത്തിയുമായി പിന്നെ നിവർത്തിപ്പിക്കുന്ന എന്താണ് പ്രമാ അത് അവിടെ തന്നെ വരണം നിവർത്തിയവും നിവർത്തകവും ഒരിടത്ത് വരണം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന എന്താണ് ദൈവതന്നിരിക്കുന്ന പ്രമ കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഭാവരൂപത്തുള്ള അജ്ഞാനം നിവർത്തിയമായെന്നാണ് അതാണ് ഇവിടെ അഭിപ്രായം ഉദ്ദേശിക്കുന്നത് മറിച്ചു വരാൻ പാടില്ല പക്ഷേതേതനിഷ്ട പ്രമാണജാനം വന്നു ആ അനധികരണത്വം എന്ന് പറയുന്നത് എവിടെ വന്നു ഭാവരൂപ അജ്ഞാനത്വം അത് ഏതൃത്യസ് അനാദേഹേ അനാദിയിൽ വന്നു ഞാനൊന്ന് വൃത്തിയമായ അനാദിയിൽ വന്ന് അനാധി അത് ഏതനിഷ്ഠത്വ അനധികരണത്വേന എന്നാ എന്ന് പറയുന്നു അത് ഏത നിഷ്ഠത്വ വരണം എന്ന് പറയുന്നതിനെന്ത് പറഞ്ഞു ഏത നിഷ്ഠത്വ അനധികരണത്വനാ സംഭവതി ഏതനിഷ്ഠത്വ ഏത നിഷ്ഠത്വം എന്നുവെച്ചാ ദേവദത്ത നിഷ്ഠമായി അജ്ഞാനം ഏത നിഷ്ഠത്വം അജ്ഞാനത്തിൽ വന്നു അപ്പൊ ഏത നിഷ്ഠത്വ അധികരണമായി അജ്ഞാനം അപ്പൊ അജ്ഞാനത്തിൽ നിന്നു ഏത നിഷ്ഠത്വ അധികണത്വം മനസ്സിലായേ നിഷ്ഠമായി അജ്ഞാനം അജ്ഞാനത്തിൽ വന്നു ഏത നിഷ്ഠത്വം അതുകൊണ്ട് ഏത നിഷ്ഠത്വത്തിന്റെ അധികരണമായി അജ്ഞാനം അജ്ഞാനത്തിൽ വന്നു ഏതനിഷ്ഠത്വ അധികരണത്വം ഇവിടെ പറയുന്നത് ഏത നിഷ്ഠത്വ അധികരണത്വം വരണം എന്ന് പറഞ്ഞതിന് വരെ പറഞ്ഞു ഏതനിഷ്ഠത്വ അനധികരണത്വം പറയുന്നേതനിഷ്ഠത്വ അനധികണത്വം ന സംഭവ ഏത നിഷ്ഠത്വ അനധികരണത്വം വരാൻ പാടില്ല എന്നുവെച്ചാൽ ഏതൊൻ നിഷ്ടത്വം അധികണത്വം വരണം അജ്ഞാനത്തിൽ വരണം പിന്നെ ജ്ഞാനം ഏതൊന്നിഷ്ടമാണെന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല അജ്ഞാനത്തിന്റെ കാര്യത്തിലാണ് അങ്ങനെ ഒരു അജ്ഞാനം ഇവിടെ ഉണ്ടോ അവൻ പറയുന്നു ഇവിടെ പറയുന്നത് എന്താണ് ജ്ഞാന നിവൃത്തിയുമായ ഒരജ്ഞാനം അത് ജ്ഞാനം ഇരിക്കുന്ന അധികരണത്തിൽ തന്നെ വേണം അതാണ് ഈ പറയുന്നതിൻ്റെ താല്പര്യം പക്ഷയെന്ന് പറഞ്ഞ് തുടങ്ങുന്നത് ജ്ഞാനം കൊണ്ട് നിവർത്തിക്കപ്പെടുന്ന ഒരജ്ഞാനം എവിടെ വേണം ജ്ഞാനത്തിൻ്റെ അധികരണത്തിൽ തന്നെ വേണം അപ്പം ജ്ഞാനമുണ്ട് എന്നുള്ളത് സർവസമ്മതമാണ് കാരണം അത് പക്ഷമാണ് ദേവതത്തെ അനിഷ്ടപ്രമാണ് അതഭിപ്രായ വ്യത്യാസമുണ്ട് ഇനി അത് ഞാൻ നിവൃത്യം ആകണമെങ്കിൽ അതവിടെ തന്നെ വേണം അതുകൊണ്ടെന്നാണ് കൂടെ പറയുന്നത് അതവിടെ ഉണ്ട് പിന്നെ അത് ഭാവമാണെന്ന് പറയുന്നതിന് വേണ്ടി എന്ത് പറഞ്ഞു അത് അഭാവത്വ അനുധികാരണമായിരിക്കണം അപ്പോൾ അത് ശരിയായി അപ്പോൾ അത് ഭാവമായി അത് പക്ഷത്തിൽ ജ്ഞാനം അജ്ഞാനം രണ്ടും വരുന്നു അത് ജ്ഞാന നിവൃത്തിയമാണ് ആ ജ്ഞാനം ആ അജ്ഞാനം അനാദിയാണ് അത് ഭാവരൂപമാണ് ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് പക്ഷേ ഇത് ഏതൊന്നിഷ്ടപ്രമാണജ്ഞാന അഭാവത്വ അനധികരണത്വം പ്രമാഅ അഭാവത്വത്തിൻ്റെ അനധികരണ അപ്പോ അജ്ഞാനത്തെ ഭാവമായി സ്വീകരിച്ചില്ലെങ്കിൽ എന്തു പറയും അവിടെ പ്രമ വന്നു എന്തു പോയി പ്രമാഭാവം പോയി പ്രമ വന്നുകൊണ്ടെന്താ പ്രയോജനമുണ്ട് പ്രമേയുടെ അഭാവം പോയി എന്താ ഭാവം അല്ലെ പ്രാഗഭാവം ആണെങ്കിൽ അതുപോയി അത്യന്താഭാവമാണെങ്കിൽ അതുപോയി ഏതായാലും അതുപോയി എന്ന് പറയണം പക്ഷെ അങ്ങനെ വരുമ്പോൾ എന്തായാലും ഏത പ്രമാണജ്ഞാന അഭാവത്വ അധികരണത്വം വരും ആ അഭാവത്തിൽ അഭാവത്വ അഭാവമാന്ന് പറയുന്നത് എന്തായി അഭാവത്വ അധികരണമായി കൊണ്ട് അഭാവത്തിൽ എന്ത് വരും അഭാവത്വ അധികരണത്വം വരും അങ്ങനെ കഴിഞ്ഞാൽ ജ്ഞാന നിവൃത്തിയമായത് അഭാവമാണെന്ന് വരും അത് വരാൻ പാടില്ല ജ്ഞാനനിവർത്തിയമായത് അഭാവത്വ അനധികരണത്വം വരുന്ന സാധനമായിരിക്കും അപ്പം അഭാവത്വ അനധികരണത്വം വരുന്നത് ഭാവരൂപത്തിലുള്ള അജ്ഞാനത്തിലാണ് അനാദി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ സുതുക്കാദികളെടുക്കാൻ പറ്റില്ല ജ്ഞാനപ്രാഗഭാവത്തെ എടുക്കാൻ പറ്റില്ല ഭാവമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഏതൊന്നിഷ്ട ഓരോ വാക്കുകളും എങ്ങനെ സമന്വയിപ്പിക്കുന്ന നോക്കി ഞാൻ മനസ്സിലാക്കാൻ പ്രയാസമുണ്ട് ഏതായി ദേവദത്വൻ ഏവദത്വനിഷ്ഠ പ്രമാണജ്ഞാന അഭാവത്വം അഭാവത്തിൽ വരും അഭാവാധികരണമായി അനധികരണമായി അജ്ഞാനം അനധികരണത്വം വരും അജ്ഞാനത്തിൽ അത് ഏത നിവൃത്തിയമായി പ്രമാനിവൃത്തിയമായി അനാഥി അത് അനാദിയായി അതിൽ ഏത നിഷ്ഠത്വ അനധികരണത്വം അതെന്ത് വരുന്നു ഏതത് നിഷ്ഠത്വ അനധികരണത്വം അതിവിടെ വരുന്നില്ല എന്നുവെച്ചാൽ ദേവദത്വ നിഷ്ഠമാണത് അതുകൊണ്ട് ദേവദത്ത നിഷ്ഠത്വം വന്നു അതുകൊണ്ട് ദേവതത്വ നിഷ്ഠത്വം എന്നപ്പോൾ എന്തായി ദേവദത്വനിഷ്ഠത്വ അധികരണമായി നിഷ്ഠത്വത്തിൻ്റെ അധികരണമായി അനധികരണത്വേന സംഭവത്തി അനധികരണത്വം വരുന്നില്ല എന്നർത്ഥം അത് വിശദീകരിക്കുന്നു അന്യനിഷ്ഠ പ്രാഗഭാവം പ്രതി അന്യനിഷ്ഠ അനിവർത്തകത്വമാണ് യജ്ഞദത്തനുള്ള പ്രാഗഭാവം ശരിയാണ് യജ്ഞദത്തനുള്ള ജ്ഞാനം കൊണ്ട് നിവർത്തിച്ചു അത് ശരിയാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ പ്രമ കൊണ്ട് നിവർത്തിക്കുന്നത് എന്താണ് അജ്ഞാനമാണ് അന്യനിഷ്ഠമായ പ്രാഗഭാവം അല്ല എന്നർത്ഥം യജ്ഞാന്തത്തിൻ്റെ പ്രാഗഭാവം അല്ല കൂടെ പ്രമോണ്ട് എന്ന് വർദ്ധിച്ച് ഇവിടെ തന്നെയുള്ള അജ്ഞാനമാണെന്നർത്ഥം ദൃഷ്ടാന്തത്തെ ശരിയാണ് ജ്ഞാനം കൊണ്ട് അവിടെ പ്രാഗഭാവം അപ്പോ അജ്ഞാനത്തെ ഭാവമായി സ്വീകരിക്കുമ്പോൾ ജ്ഞാനം കൊണ്ട് പ്രാഗുഭാഗം നിവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയാവും ശരിയാവും അജ്ഞാനത്തെ ജ്ഞാനം കൊണ്ട് നിവർത്തിക്കുന്നു മനസ്സിലാവുന്നത് അപ്പോ ജ്ഞാനം കൊണ്ട് പ്രാഗുഭാഗം നിവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയാവും എന്നാ ചോദിക്കുന്നു എന്തുകൊണ്ട് രണ്ടും രണ്ടാണ് ജ്ഞാനപ്രാഗഭാവം അദ്വൈതി അംഗീകരിക്കുന്നു ഒരു കാര്യം ഉണ്ടാകുമ്പോൾ പ്രാഗഭാവം ഉണ്ടാവും അതുകൊണ്ട് ദൃഷ്ടാന്തമായി പ്രാഗഭാവത്തെ കാണിക്കുന്നേ തെറ്റില്ല പ്രാഗഭാവം പ്രാഗഭാവം തന്നെയാണ് പക്ഷെ പക്ഷത്തിൽ ജ്ഞാനം കൊണ്ട് നിവർത്തിച്ചത് പ്രാഗഭാവമല്ല എന്നാ പറയുന്നു അത് ഭാവരൂപത്തിലുള്ള അജ്ഞാനമാണ് അവിടെ നിവർത്തിക്കുന്നത് എന്നർത്ഥം അപ്പം അവിടെ ഒരു ചോദ്യം വരും പക്ഷത്തിൽ തന്നെ ജ്ഞാനം വന്നപ്പോൾ അവിടെ പ്രാഗഭാവം നിവർത്തിച്ചോ അതുകൊണ്ട് ദോഷമൊന്നുമില്ല അഭാവത്തെ നിഷേധിക്കുന്നില്ല അദ്വൈതി മറിച്ച് എന്താ പറയുന്നത് പ്രമ നിവർത്തിപ്പിക്കുന്നത് പ്രമ ഇല്ലാതാക്കുന്നത് ഭാവരൂപത്തിലുള്ള അജ്ഞാനമാണ് അത് പ്രത്യേകം മനസ്സിലാകും ഇതാണ് അതുകൊണ്ട് എന്ത് പറയുന്നു തസ്മാത് ഏത നിഷ്ടത്വ സതി യത് പ്രമാണജ്ഞാനാഭാവത്വ അനധികരണം അനാദി ജ്ഞാനനിവൃത്തിഞ്ച തദ് അഭിമത അജ്ഞാനമേവേദി തസിദ്ധി അവിടെ സിദ്ധാന്തം പറയുന്നു അതുകൊണ്ട് യത് പ്രമാണജ്ഞാന അഭാവത്വ അനധികാരം പ്രമാണജ്ഞാന അഭാവത്വ അനധികം അത് പ്രത്യേകം അങ്ങനെ പറയുന്നത് എന്തുകൊണ്ട് കാരണം ജ്ഞാനാഭാവത്തെയും അംഗീകരിക്കുന്നുണ്ട് മനസ്സിലായ ജ്ഞാനാഭാവം എന്ന് പറയുന്ന ഒന്നില്ലെന്ന് പറയുന്നില്ല ഒരു വസ്തു ഉണ്ടെങ്കിൽ അതിൻ്റെ അഭാവവും ഉണ്ടാവും ജ്ഞാനമുണ്ടെങ്കിൽ ജ്ഞാനത്തിൻ്റെ അഭാവവും ഉണ്ടാവും അപ്പം അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രമാഭാവത്തെ അംഗീകരിക്കുന്നതോടൊപ്പം പ്രമാഅഭാവത്വ അനധികരണമായ മറ്റൊരു വസ്തുണ്ട് ഇതാണ് അദ്വൈതി പറയുന്നതിൻ്റെ മർമ്മം അതിപ്പോ അഭാവം എല്ലാത്തിനും ഇല്ലേ പ്രതിയോഗി എന്ന് പറയുന്നത് അഭാവത്തിന് അജ്ഞാനത്തിനുള്ള പ്രതിയോഗി അഭാവത്തിനാണ് എന്ത് വരുന്നത് പ്രതിയോഗി അപ്പോ ഏതുപോലെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചം വെളിച്ചം ഇരട്ടും എന്താ പറയുന്നത് വെളിച്ചത്തിന്റെ അഭാവമുണ്ട് അത് വേറെ പക്ഷെ തമസെന്ന് പറയുന്നത് സംഗതി വേറെ അപ്പോ ഏ അതാണ് സമൃദ്ധിച്ചത് വെളിച്ചത്തിന്റെ അഭാവമുണ്ട് തമസുമുണ്ട് അപ്പോ വെളിച്ചം തമസനെ നമ്മൾ ഇല്ലാതാക്കുന്നു എന്ന് പറഞ്ഞാൽ ഭാവരൂപത്തിലുള്ള തമസിനെ ഇല്ലാതാക്കുന്നു പിന്നെ വെളിച്ചം അഭാവത്തെ നശിപ്പിക്കുന്നു പറഞ്ഞാൽ നശിപ്പിച്ചോട്ടെ ഒരു ജ്ഞാനത്തിന് ഉദാഹരണം അതാണ് വെളിച്ചം ഇതുപോല വേറൊന്നും പറ്റില്ല വെളിച്ചവും ഇരുട്ടും പോലെ എടുക്കാൻ പറ്റും വേറെ ഒന്നുമില്ല അത് അതിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത് എന്താണ് ഭാവവസ്തുക്കളാണല്ലോ അതെല്ലാം ഭാവമാണല്ലോ ഭാവപദാർത്ഥങ്ങളാണല്ലോ തമസം എന്ന് പറയുന്ന അഭാവമെന്ന് പറയുന്നോണ്ടല്ലേ ഇത് വരുന്നത് അഭാവമെന്ന് ഒരു കൂട്ടൊക്കെ പറയുമ്പോഴാണ് ശൈത്യൊന്നുമാരും അഭാവം അതങ്ങനെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ സീതോ എന്ന് പറയുന്ന ഗുണമല്ലേ പഠിച്ചിട്ടില്ലേ അത് അഭാവമാണ് താർക്കീകൻ്റെ പദാർത്ഥ ചിന്തയിലൂടെയാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത് സീതോ എന്ന് പറയുന്നത് എന്താണ് ഉഷ്ണം ഗുണമാണ് അപ്പോൾ അതൊന്നും അഭാവമല്ല അഭാവമൊന്നു പറയുന്ന താർക്കികൻ അംഗീകരിച്ചിരിക്കുന്ന ഒന്നും അതിനെ ഭാവമാക്കി നശിപ്പിക്കുക പറയുന്നത് വേറെ അതുകൊണ്ടാണ് എൻ്റെ ആദ്യം തമസിന ഭാവമായി എന്നിട്ടതിന് വെളിച്ചം കൊണ്ട് നശിപ്പിക്കുന്ന ഉദാഹരണം ഒരു ഉദാഹരണം വേണ്ട പറയുമ്പോൾ അതാണ് അങ്ങനെ പറയുന്നത് എന്നാൽ അഭാവമുണ്ടോ അതുകൊണ്ട് തന്നെ അഭാവം സ്വീകരിക്കുന്നതിന് കുഴപ്പത്തിന് പിന്നെ ഇവിടെ അദ്വൈതി ശരിക്കും തർക്കിയന്മാരുടെ പദാർത്ഥത്തെ കണ്ണിക്കുമ്പോൾ പറയും നിങ്ങളീ പറയുന്ന പോലെ പ്രാഗഭാവം പ്രധാനോത്സവം അങ്ങനെയൊന്നും ഒരുപാട് അഭാവങ്ങളൊന്നുമില്ല അഭാവമൊന്നേ ഉള്ളൂ എന്ന് പറയും അത് വേറെ അതെ അഭാവ ഖണ്ഡനം വരുമ്പോൾ ഇവിടെ തന്നെ അതൊക്കെ പറയും ഇവിടെ ഇപ്പം അങ്ങനെയല്ല തർക്കിയൻ അഭാവം എന്ന് പറയുന്ന ഒന്നിനെ ഭാവമാക്കി അതിനെ നശിപ്പിക്കും കാർഗികമാരുടെ പദാർത്ഥ ലക്ഷണങ്ങൾ മുഴുവൻ കണ്ണീക്കും ഇതല്ല മുഴുവൻ ചിസ്കിയിൽ ഖണ്ഡനത്തിൽ ഓക്കെ നോക്കണോ ഏ ഇതെന്താരിയും പ്രയാസമാണ് അങ്ങനെ തോന്നുന്നുണ്ടോ ചിന്തയുടെ കൊഴപ്പല്ല ഇതിന്റെ കുഴപ്പമാണോ ഇത് മനസ്സിലാക്കാൻ അത്ര പ്രയാസമൊന്നും എനിക്ക് തോന്നുന്നില്ല ഉണ്ടോ ഒന്ന് ചിന്തിക്കണം ചിന്തിച്ച് മനസ്സിലാക്കുമ്പം പ്രയാസമൊന്നുമില്ല പിന്നെ ചിലപ്പോ നമ്മൾ മറന്നുപോകും അത് വേറെ കാര്യം ഉണ്ടാക്കിക്കോട്ടോ അനന്ത അനന്തം ഉണ്ടാകുന്ന ഭാവപദാർത്ഥമാണെങ്കിൽ അതിനഭാവം ഉണ്ടാവും അതിപ്പോൾ ഒരു ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമല്ലോ അതുകൊണ്ടല്ലേ അജ്ഞാനം നശിക്കുന്നത് നശ പിന്നെ എന്താ ഉള്ളത് അതിൻ്റെ അഭാവമല്ലേ ഏ അത് മറ്റൊരു കാര്യം അഭാവത്തെ പ്രത്യേകിച്ച് ഒരു പദാർത്ഥമായി സ്വീകരിക്കുന്നുണ്ട് അഭാവമുണ്ട് അതിനൊരു പദാർത്ഥമായി പ്രത്യേകിച്ച് സ്വീകരിക്കുന്നു അഭാവം നമ്മുടെ അനുഭവത്തിൽ ഉള്ളതല്ലേ അത് നിഷേധിക്കാൻ പറ്റും ഇവർ കൊടുക്കുന്ന ലക്ഷണങ്ങളനുസരിച്ച് അതിനൊരു പദാർത്ഥമായി സ്വീകരിക്കുന്നുണ്ട് അതാണ് അടുത്ത് പറയുന്നത് എന്താണ് തസ്മാത് ഏതന്തിഷ്ടത്വസതി ഏത് പ്രമാണജ്ഞാന ഭാവത്വ അനധികരണം ഇപ്പം അജ്ഞാനത്തിൽ വന്നു ഭാവരൂപത്തിൽ അനാദി ജ്ഞാനം നിവൃത്തിഞ്ച തത് അഭിമത അജ്ഞാനമേ വേദി തസ്തി അതാണ് ഞങ്ങൾ പറയുന്ന അജ്ഞാനം അനാദിയാണ് ജ്ഞാനനിവർത്തിയമാണ് ഭാവമാണ് അത് എവിടെയാണോ പ്രമേയം ഉണ്ടാകുന്നത് അവിടെയുണ്ട് ദേവതത്തിന് തന്നെയുണ്ട് അപ്പോ അതിന് ഒരു ഉപയോഗിച്ച ഒരു യുക്തി അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഭാവമുണ്ടോ അഭാവം ഉണ്ടായോ ഉണ്ടായാലും ഇല്ലായാലും ഉണ്ടോ അത് ഉപയോഗിച്ച യുക്തിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് ദേവദത്ത നിഷ്ഠ പക്ഷം പക്ഷത്തിൽ പറഞ്ഞില്ലേ ദേവതത്വനിഷ്ഠ പ്രമാണ ജ്ഞാനം അതാണ് പക്ഷയെന്ന് പറഞ്ഞത് ദേവതത്വൻ അത് ഏതെന്ന് പറയുമ്പോൾ ജ്ഞാനം ഏതെന്ന നിഷ്ഠാനം ഏതെന്നുവർത്തി എന്ന് പറഞ്ഞാൽ ഏതൻ നിഷ്ഠാനം ആദ്യം വേണമെങ്കിലും എടുക്കാം എന്താണ് നിഷ്ഠ പ്രമാണജ്ഞാനം എന്ന് ആദ്യം പറഞ്ഞില്ലേ ദേവദത്ത നിഷ്ഠ പ്രമാണജ്ഞാനം അത് കഴിഞ്ഞ് പിന്നെ ഏതത്വം എന്ന് പറയുമ്പോൾ ദേവദത്ത നിഷ്ഠ പ്രമാണ ജ്ഞാനം എന്നതിനെടുത്തോളു ആദ്യം അങ്ങനെ പറഞ്ഞില്ലേ സർവനാമ ശബ്ദം കൊണ്ട് കഴിഞ്ഞല്ലോ ഇനി യുദ്ധമത്ര പ്രയോഗ എന്ന് പറയുന്നിടത്ത് നോക്കുക രണ്ടാമത്തെ ലൈനിൽ പ്രമാണജ്ഞാനം ഏത നിഷ്ടപ്രമാണഭാവത്വ അനധികരണ അനാധി നിവർത്തകം പ്രമാണത്വ യജ്ഞത്വ പ്രമാണവത് ഈ അനുമാനത്തിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയിട്ട് നോക്കുക എന്താ സംഭവിക്കുന്നത് ഏവദത്ത് പ്രമാണജ്ഞാനം എന്ന് പറയുന്നത് എന്തായി എന്തായി അത് സാധനം പക്ഷം പറയുന്നത് എന്താണ് ഏത നിഷ്ടപ്രമാണ അഭാവത്വ അനധികരണം അതിനെ നമുക്ക് ചുരുക്കി എങ്ങനെ പറയാം ഏതൻ നിഷ്ഠ ഭാവത്വം നോക്കാം ചുരുക്കി ഏതൻ നിഷ്ഠ ഭാവത്വം അഭാവത്വത്തിൻ്റെ സ്ഥലത്ത് എന്താക്കി ഭാവത്വം ഇനി നോക്കുക ഏതൻ നിഷ്ഠ ഭാവത്വ അനധികരണ അനാദി എവിടെ പോവും ഭാവത്വനധി ഭാവത്വ അധികരണം എന്താവും ഭാവത്വ അധികരണം എന്താവും പാവമല്ല ഭാവം പലരും പറയുന്ന പാവം എന്നാണ് അതെല്ലാം കളയാൻ പറഞ്ഞില്ലേ പിന്നും വീണ്ടും അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനു മുമ്പോട്ട് പോകുമ്പോൾ പിറകിൽ പറ്റില്ല ഞാൻ പറയുമ്പം പറയുന്ന കാര്യം ശ്രദ്ധിക്കുന്നു പിന്നെ അത് ഇതും ആലോചിച്ചോണ്ടിരുന്ന പറയുന്ന മനസ്സിലാകാത്ത അതാണ് നിങ്ങളുടെ കുഴപ്പം പറയുമ്പം വേറെ എന്തെങ്കിലും ആലോചിച്ചോണ്ടിരിക്കുക അത് എന്താ പറഞ്ഞു പറയുമ്പം പറയുന്ന സ്ഥലത്തില് ഇതിനെയാണ് ഏകാഗ്രത കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഏകാഗ്രത ഇല്ലാത്തതുകൊണ്ടാണ് മനസ്സങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ഇവിടെ പോയിട്ട് പിന്നെ അവസാനം വന്നിട്ട് അതെന്താ പറഞ്ഞു അത് അതാണ് ബുദ്ധിയുണ്ട് പക്ഷേ കോൺസെൻട്രേഷൻ ഇല്ല അതാ രണ്ട് രണ്ടാ മനസ്സിലായോ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനുള്ള ബുദ്ധിയുണ്ടാവും പക്ഷേ ഏകാഗ്രതയിൽ കൊണ്ട് ഏകാഗ്രതയിലേക്ക് വരിക പറഞ്ഞ് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കല്ല എന്നെക്കാളും ബുദ്ധിയും പഠിപ്പും ഉണ്ടെന്നുള്ളത് അംഗീകരിച്ച് തന്നെയാണ് പറയുന്നത് ഇനി അതിലാർക്കും പ്രയാസം വേണം പക്ഷേ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം അതിൽ ഏകാഗ്രത വേണം അതെനിക്കും അറിയാം ആ കാര്യം പ്രമാണജ്ഞാനം പക്ഷം ഏത നിഷ്ഠ എന്തായ പറഞ്ഞത് അഭാവത്വം ഇത്രേ പറഞ്ഞുള്ളൂ ഭാവത്വം ഭാവത്വം ഭാവത്വം മൂന്നോണോ പറഞ്ഞു എനിക്ക് സംശയമുണ്ടോ ഭാവത്വ അധികരണം എന്തായി ഭാവം ഭാവത്വ അനധികരണം എന്തായി അഭാവം അനധികരണ അനാദി എന്തായി ദൃഷ്ടാന്തത്തിൽ പോവുക അനധിക അനാദി എന്തായി എന്തായി ദൃഷ്ടാന്തത്തിൽ എന്തായി പ്രാഗഭാവം ജ്ഞാനപ്രാഗഭാവം യജ്ഞദത്തന്റെ അനാദേവർത്തകം ഏത് പ്രമ അല്ലേ ഇപ്പൊ ശരിയായല്ലോ യജ്ഞദത്തന്റെ പ്രമ ദൃഷ്ടാന്തത്തിൽ സാധ്യത ശരിയാക്കിയല്ലോ ഒരിക്കാം ദേവദത്വ പ്രമാണ ജ്ഞാനം പക്ഷം ഏതത്വനിഷ്ഠ ഭാവത്വ അനധികരണ അനാഥ നിവർത്തകം എന്തുവന്നു യജ്ഞത്തലിൽ വന്നു യജ്ഞത്തലില് ജ്ഞാനം അവിടുത്തെ പ്രാഗഭാവത്ത് നിന്ന് നിവർത്തിപ്പിക്കുന്നു അവിടെ സാധ്യസിദ്ധ ഇനി പക്ഷത്തിൽ ഒന്നു നോക്കുക അവിടെ സിദ്ധമായല്ലേ അത് വേറെ എന്തെങ്കിലും ആലോചിക്കുന്ന ദുരാലോചനകളൊന്നും ഇല്ലല്ലോ ഇല്ലെങ്കിൽ പക്ഷത്തിലേക്ക് വയ്ക്കുക ഇനി നോക്കുക പക്ഷത്തിൽ ദേവദത്തെ പ്രമാണജ്ഞാനം ഏതായി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ദേവദത്വനിഷ്ഠ ഭാവത്വ അധികരണം എന്തായി ഭാവം ആണല്ലോ ഭാവത്വ ഏത നിഷ്ഠ ഭാവത്വ അനധികരണം ആയോ ദേവതത്വം വന്ന അഭാവം അഭാവം അനാദി അനാദിയായ അഭാവം അതിൻ്റെ നിവർത്തകമായി അപ്പൊ അവിടെ അനാദിയായ അഭാവം എന്തായി ഏ അവിടെ വന്ന ഇവിടെ വന്ന അനാദിയായ അഭാവം എന്താണോ ദേവദസ്ഥനിലുള്ള എന്തോന്നു ഏ ദേവദസ്ഥനില് വന്നെന്താണോ അനാദിയായ അഭാവം അജ്ഞാനം അജ്ഞാനം ശ്രദ്ധിച്ചോ അഭാവ് അഭാവരൂപത്തിലുള്ള അജ്ഞാനം ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ ഇതാണ് ഈ അനുമാനത്തിന്റെ കുഴപ്പം നേരത്തെ എന്ത് ശ്രദ്ധിച്ചു ഭാവരൂപത്തിലുള്ള ഞാൻ ഇപ്പൊ എന്ത് ശ്രദ്ധിച്ചു രണ്ടും ശ്രദ്ധിക്കാം ഇനിയും ഒരു പക്ഷേ എന്താണ് കേൾക്കട്ടെ അഭാവത്ത് മാറ്റിയിട്ട് എന്തെടുത്തു ഭാവം ഒന്നെടുത്താൽ എന്ത് ശ്രദ്ധിക്കും ഏവദത്തെ അത് നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾ ഭാവരൂപത്തിലുള്ള അജ്ഞാനത്തെ ശ്രദ്ധിച്ചു അല്ലേ അപ്പോ അഭാവത്തിന് ആരെങ്കിലും തടസ്സം നിന്നോ അഭാവത്തെ അംഗീകരിച്ചു തന്നില്ലേ അല്ലേ ഇപ്പോഴും അഭാവം അവിടെ ഇരുന്നോട്ടെ പ്രാഗഭാവം അനന്ത കുഴപ്പം നമ്മളിപ്പോ ശ്രദ്ധിച്ചെന്താണ് അനാദിയായ ഭാവരൂപത്തിലുള്ള അജ്ഞാനം ഇത്രയുള്ളൂ ഏ ആരുടെ പക്ഷത്തിട്ട് നമുക്ക് ഭാവരൂപത്തിലുള്ള അജ്ഞാനത്തെ ശ്രദ്ധിച്ചാൽ പറയണ്ടേ അദ്വൈതയുടെ പക്ഷത്തിൽ സിദ്ധസാധനം എന്നും പറയൂ ഫസ്റ്റ് യൂസ് എൽ സിദ്ധസാധനം സിദ്ധസാധനം എന്ന് പറഞ്ഞാൽ അദ്വൈതയുടെ പക്ഷത്തിൽ എന്തുവരും ഭാവരൂപത്തിലുള്ള അജ്ഞാനത്തെ ശ്രദ്ധിച്ചാൽ സിദ്ധ സാധനം വരാം എന്നുണ്ടെങ്കിൽ അഭാവരൂപത്തിലുള്ള അജ്ഞാന ശ്രദ്ധിച്ചാലും അതേ ദോഷം വരും പക്ഷം മാറുമെന്നേ ഉള്ളൂ ദ പ്രോബ്ലം പ്രാഗഭാവം ഇറ്റ് ഈസ് അക്സെപ്റ്റഡ് ബൈ നയ്യായിക ആൻഡ് ദർ ഈസ് നോ കോൺട്രവേഴ്സി One way is only Ajnānam is Bhāvam or Abhāvam. This and Amanam you can establish both. Hmm. Hmm. Hmm. Hmm. Praga Bhāvam in both ways it is accepted. When you said first about this animal. there also Prajpana accepted In what he said, undu. A a a good is പ്രാഗഭാവം രണ്ടു വശത്തിലുമുണ്ട് പ്രാഗഭാവം അല്ലല്ലോ ഇവിടെ വിഷയം ഇവിടെ വിഷയം എന്താണ് അജ്ഞാനം ജ്ഞാനാഭാവമാണോ ഭാവമാണോ അതാണ് വിഷയം പ്രാഗഭാവം ഉണ്ടോ ഇല്ലെന്നുള്ള Hmm. ഏ <inaudible> uh. ഇപ്പോൾ അജ്ഞാനം ശ്രദ്ധിച്ചപ്പോഴും പ്രാഗഭാവം ശ്രദ്ധിച്ചല്ലേ ദർ അനുമാനം ഇസ് ഡിഫറെന്റ് ഹിയർ അനുമാനം ഇസ് ഡിഫറെന്റ് നോട്ട് സെയിം അനുമാനം ഇഫ് ഇറ്റ് ഈസ് ആപ്പനിങ് ഇൻ സെയിം അനുമാനം ദൺ യു ആർ റൈറ്റ് ബട്ട് ഹിയർ ദി അനുമാനം സാധ്യം ഇൻസ് ഡിഫറെ ഈസ് ഹിയർ ഭാവം ഈസ്ലി സാധ്യം ദാവം That is ദാറ്റ് difference. Just one വൺ വേഡ് ചേഞ്ച് ദൻ സാധ്യം ഈസ് ഡിഫറെന്റ് അത് It is clear how ഏ എക്സ്പ്ലെയിൻഡ് സാധ്യം is not the same anumanam. If you stay the same anumanam, then you are right. But when you say, walk of ananda, when you say, walk of ananda, then you say, walk of ananda, then you, if you say, this is about jnana praga bhava, then what about jnana bhava? What will be the answer? That's also a problem. You have to answer for jnana, what is jnana bhava? That is okay. For when you say it is a bhavam, for jnana praga bhavan, that is right. Then what about jnana tinda bhavam? Jnana bhavam. What will be that? Hmm? I am also, I am also not able to understand what you are saying. <laughs> Problem is both. അനധികാരണം ദാറ്റ് ഇസ് അനാദി ആൾസോ സോ ദർ ആർ ടു വൺ ഈസ് ജ്ഞാനപ്രാഗഭാവം അനദർ ഈസ് ഞാൻ അത്യന്താഭാവം എബൌട്ട് ജ്ഞാനപ്രാഗഭാവം both are agreed already, jnana praga is praga is is is the question here it established ബോത്ത് ആർ അഗ്രീഡ് ആൾറെഡി അഭാവം അജ്ഞാനം ഈസ് ഒഭാവം ഇസ്ോബ്ലം വൈ are ആർ വരെ hmm. ബിഫോർ ആർ സി ദർ ഇ നോ കോൺട്രോവേഴ്സി നോട്ട് അബൌട്ട് ജ്ഞാന പ്രകഭാവം ഇറ്റ് അബൌട്ട് ദൈൻ വാട്ട്സ് നോട്ട് പ്രതിപക്ഷ അനുമാനം വിത്ത് ദി ഫസ്റ്റ് അനുമാനം നയ്യായിക എസ്റ്റാബ്ലിഷ് ഭാവരൂപ അജ്ഞാനം നൌ നയായി വിത്ത് ദിസ് അനുമാനം എസ്റ്റാബ്ലിഷ്ഡ് അഭാവരൂപ അജ്ഞാനം സെയിം അനുമാനം ലിറ്റിൽ മോഡിഫിക്കേഷൻ ഇറ്റ് a minute modification. Then the, this changes. Eh? Anumanam means this is Mahavidya Anumanam. Anyone can use this. Anyone can make modifications. What is the problem? So modified Mahavidya, this one. First one is original Mahavidya. <laughs> this is just to show the fault. Hmm? Fault is here established abhavam, ajnana means abhavam. The discussion is about ajnana, what is that, abhavam or abhavam, not about any other thing. Then There also, in the first ten months also, the word is not used in a jñāna. Here also the word is not used in a jñāna. But the discussion is about mm. Eh? Mm. That is a jñāna. There is no controversy on that. Hmm. Eh? Hmm. No, the word is not used here, hmm. Hmm. Here, Hmm? they ോട്ട് യൂസ്ഡ് ഹിയർ അജ്ഞാനം ഹിയർ ദ ജ്ഞാന നിവർത്തി വട്ട് ഈസ് ജ്ഞാന നിവൃത്തിയും ബോത്യർ another is അനദിസ് ജ്ഞാനാഭാവം When it comes to Praga Bhavam, there is no controversy. But when it is a discussion, when it is about this Atyanda Bhavam, then controversy is there. So both are established, not Praga, uh, praga Bhavam, but Atyanda Bhavam. ഭാവരൂപാനം അഭാവം അഭാവരൂപ്ഞാനം അജ്ഞാനം മീൻസ് അഭാവം ആ അഭാവം അനാദിയാണല്ലോ അത്യന്താ അതിപ്പോ അത് പിന്നെ പറഞ്ഞല്ലോ താർക്കികന്റെ ലക്ഷണങ്ങളനുസരിച്ച് പോകേണ്ടി വരും എന്താണ് അത് ഭാവമാണോ അത്തിൻ്റെ അഭാവം താർക്കികൻ അത്യന്താഭാവം നിത്യമാണെന്ന് ആ സ്വീകരിച്ചിരിക്കുന്നു അത്യന്റെ ഭാവത്ത് അതുകൊണ്ട് അവർ അത്യന്റെ ഭാവത്തെ രണ്ടായി സ്വീകരിക്കുന്നു സാമൂഹിക അഭാവവും അല്ലാതെ സാമൂഹിക അഭാവം എന്ന് പറയുന്ന നിത്യമാണെന്നുള്ള വർഷം അതാണ് തർക്കസംഗ്രഹത്തിൽ എന്താ അത്യന്റെ ഭാവത്തിന്റെ ലക്ഷണം പറഞ്ഞത് ത്രൈകാലിക സംബന്ധാവശിന് എന്തിനാണ് അങ്ങനെ പറഞ്ഞത് അത് നിത്യമാണ് എന്നുവെച്ചാൽ അനാദിയാണ് തർക്കസങ്കരം ഓർമ്മയിരിക്കണം അതിൽ പിന്നെ സാമൂഹിക അഭാവം എന്നൊരു പക്ഷമുണ്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല എന്നുള്ളത് ഇഫ് ദി ഫസ്റ്റ് പ്രയോഗം അനുമാനം ഇസ് റൈറ്റ് ദൻ സെക്കൻഡ് ആൾസോ സെയിം വള്ളി വൺ മേഡ് ചേഞ്ച് ഇതാണ് ഇതിൻ <inaudible> That is not ഭാവരൂപ നോട്ട് no. ഭാവരൂ ഭാവാനികരണം no. ഈസ് is not നോ Nowhere. The discussion is about Bhavatva അധികരണം and Bhavatva അധികരണം Bhavatva അധികരണം or Bhavatva അനധികരണം ഒരു അഭാവത്വ അധികരണം ഒരു അഭാവത്വം അനധികരണം ദാറ്റ് ഇസ് ദി സബ്ജെക്ട് ഇയർ നോട്ട് ഭാവ അധികണം ദാറ്റ് ഇസ് ഡിഫറെന്റ് ഭാവത്വം ആൻഡ് അഭാവത്വം നോട്ട് ഭാവ ഓർ അഭാവ് ഭാവണം ദാറ്റ് ജസ്റ്റ് ബിഫോർ വാട്ട് വാസ് ദാറ്റ് Hmm? Abhavatva. Little more there. No, no. Pramana Abhavatva Anadigana. Pramana Abhavatum. Instead of that, we used Abhavatva Anadigana. That's all. Not Abhavat. Hmm? Hmm? ആദ്യത്തെ അനുമാനത്തിലൂടെയും രണ്ടാമത്തെ അനുമാനത്തിലൂടെയും അജ്ഞാനത്തെ തന്നെയാണ് സമർത്ഥിക്കുന്നത് അജ്ഞാനം എന്താകും എന്നുള്ളതാണ് ആദ്യത്തെ അനുമാനത്തിലൂടെ സമർത്ഥിച്ചാൽ അജ്ഞാനം ഭാവരൂപത്തിലാവും രണ്ടാമത്തെ അനുമാനത്തിലൂടെയാണെങ്കിൽ അജ്ഞാനം അഭാവമാകും എന്ന് പറഞ്ഞാൽ ഈ മഹാവിദ്യ അനുമാനം എവിടെ പ്രയോഗിച്ചാറ് പുളാർക്ക പണ്ഡിതൻ എന്ന് ഒരു മഹാവിദ്വാനാണ് ഇത് കണ്ടുപിടിച്ചതെന്നാണ് പറയുന്നു പക്ഷേ നിർഭാഗ്യവശാൽ പിൽക്കാലത്ത് ഇതിൻ്റെ ഫാൾട്ട് ബാക്കിയുള്ളവർ കണ്ടുപിടിച്ചു ഇതെൻ്റെ ഫാൾട്ട് അതുകൊണ്ട് പിന്നീട് ഇതിനെ ഉപേക്ഷിച്ചു അത് കഴിഞ്ഞ് ഇതിന് വലിയ സ്ഥാനം കിട്ടിയില്ല പിന്നെ ഇതിന് പരിഷ്കാരങ്ങൾക്കൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും ഈ ഒരു എന്താണ് ഫാൾട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല അതുകൊണ്ട് പിന്നെ ഇതാൾക്കാരങ്ങ് ഉപേക്ഷിച്ചു ഇപ്പൊ പറഞ്ഞില്ലേ ഉം നമ്മളെന്ത് സാധ്യമാണോ സാധിക്കാനോ വേണ്ടി അനുമാന പ്രയോഗം നടത്തിയത് അതിന്റെ നേരെ വിപരീതം അതിലൊരു ചെറിയ മാറ്റം വരുത്തിയപ്പോ ഏങ്ങനെ എന്താ അത് സത്പ്രതിപക്ഷം എന്തായിക്കൊള്ളട്ടെ നമ്മളൊരു സാധ്യത്തെ സാധിക്കാൻ വേണ്ടി ഒരു അനുമാനം നടത്തുമ്പോൾ അതേ അനുമാനത്തിൽ തന്നെ ചെറിയ മാറ്റം വരുത്തിക്കഴിഞ്ഞാൽ വിപരീത ഫലം കിട്ടുന്നു അത് അനുമാനത്തിൽ വരുത്തിയ മാറ്റം സാധ്യത്തിൽ വിപരീതം വന്നു അനുമാനത്തിൽ എന്ത് ചെയ്തു ആ ഭാവം എന്നുള്ളതിനെ ഭാവമാക്കിയപ്പോൾ സാധ്യമെന്തായിപ്പോയി ഇത്ര അതാണ് അതിന്റെ അനുമാനത്തിൽ പ്രയോഗത്തിൽ അഭാവം വന്നു കഴിഞ്ഞാൽ സാധ്യമെന്താകും ഭാവമാവും ഈ വിപരീതമായി കാര്യം ശ്രദ്ധിക്കാൻ പോകുമ്പോൾ വരുന്ന കുഴപ്പമാണ് അനുമാനത്തിൽ അഭാവം ഉപയോഗിച്ചപ്പോൾ സാധ്യം കാരണം എന്തുകൊണ്ട് ഈ അനുമാനത്തിന്റെ ടെക്നിക് ഏതാണ് പ്രമാണ അഭാവത്വ അനധികരണത്തിൽ പോകുന്നുണ്ട് ആ ഇവിടെ നെഗറ്റീവ് പറഞ്ഞാൽ അവിടെ പോസിറ്റീവ് അവിടെ ഇവിടെ പോസിറ്റീവ് പറഞ്ഞാൽ അവിടെ നെഗറ്റീവ് ആവും ഫലത്തിൽ ഇത് വ്യതികരണത്തിൽ സ്ഥാപിക്കുന്നുകൊണ്ടാണ് ദാറ്റ് ഇസ് ഡിഫറെന്റ് ദാറ്റ് ഇസ് ഡിഫറെന്റ് ദാറ്റ് ഇസ് നോട്ട് കണക്റ്റഡ് വിത്ത് ദിസ് അനുമാൻ വേർ വെൻ വെ സേ What is bhavam? Then they say that is abhava lakshanam. That was the answer. Why you call bhavam nyajanamas bhavam? Then they say, abhava means they are bhava lakshanam. That will be the answer. That is different. So, use, uh, uh, This is not lakshanam. This is anamana. We are not talking about lakshanam. Hmm. ോ ഫസ്റ്റ് അനുമാനം ദിസ് ഇസ് ദാവം ഇഫ് യു ആ വട്ട് ഈസ് ഭാവം ദി ആൻസർ ഇസ് അഭാവം വിഷണം നോ നോ നോ അഭാവ അനു കൂടെ നെവർ യൂസ് യു ആർ അഭാവത്വ ഓർ ഭാവ അഭാവ അനദിര നാവത്വം അനധികൃത ഡിഫരൻറ്റ് അഭാവ അനധികരണൈസ് ഡിഫറെന്റ് ഓക്കെ യു തിങ്ക് ആൻഡ് ഫൈൻഡ് ഔട്ട്